മുയ പ്രതീ തേഭേദന ജരാമരണി ദുഃഖയോക് നിത്യ ശുദ്ധ ബുദ്ധ മുക്തം ഇത്രയും പറഞ്ഞു എന്തിനു പറഞ്ഞു നമ്മൾ ചോദിക്കും ബാക്കിയെല്ലാം വ്യാഖ്യാനിച്ചു അതിന് പറയുന്നത് ഉത്തരം പറയുന്നത് സദൈവമുക്തം സദൈവൈവനം അനാദ്യ വിദ്യവശാത്വം ർശയിത എന്ന് പറഞ്ഞാൽ അന്ത്വീഥികൾ പറയുന്നെന്താണ് ആത്മാവ് നിത്യമുക്തമാണ് അതിനുവേണ്ടിട്ടാ പറയുന്നത് മുക്തി എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അധ്വാനിച്ച് നേടിയെടുക്കേണ്ട കാര്യമല്ല അതാണ് ശങ്കരാചാര്യരുടെ സിദ്ധാന്തം മുക്തി എന്ന് പറയുന്നത് ആരാണോ മുക്തി അന്വേഷിക്കുന്നത് ആരാണോ മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് മുക്തിയുടെ സാധനകളെല്ലാം അനുഷ്ഠിക്കുന്നത് അവന് നിത്യസിദ്ധമാണ് അവന്റെ സ്വരൂപമാണ് അതാണ് അവൻ ആത്മാവാണ് മുക്തി അന്വേഷിക്കുന്നവൻ ആത്മാവാണ് അപ്പോ മുക്തി അവനാണ് അതുകൊണ്ട് മുക്തനാണ് അപ്പോ മുക്തി പരിശ്രമിച്ച് നേടേണ്ട ഒരു കാര്യമല്ല അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമല്ല ഏതെങ്കിലും സാധനങ്ങളിലൂടെ സാധ്യമാക്കേണ്ട ഒന്നല്ല മുക്തി ഏതെങ്കിലും പ്രവൃത്തിയുടെ ഫലമല്ല മുക്തി ഉത്പന്നമാകുന്നതല്ല ഉണ്ടാകുന്ന ഒരു സാധനമല്ല മുക്തി അത് എന്നും അത് ആത്മാവാണ് മുക്തി എന്ന് പറഞ്ഞാൽ ആത്മാവ് ഇതാണ് അദ്വൈതിയുടെ സിദ്ധാന്തം അപ്പൊ അത് ഒരുപാട് ചോദ്യങ്ങൾ വരും അതിനുള്ള അദ്വൈതി തർക്കത്തിലൂടെ മറുപടിയും പറയും അവിടെയാണ് തർക്കം ഉപയോഗിക്കുന്നത് മുക്തി ഇപ്പൊ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിട്ട മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാ നീ സംസാരിയാണ് ജനന മരണങ്ങളുള്ളവനാണെന്ന് പറയുന്നത് എന്തിനാണ് പിന്നെ ശ്രവണം മനനം നിതിത്യാസം സാധനങ്ങൾ പറഞ്ഞിരിക്കുന്നു മുക്തി എന്നും ഉണ്ടെങ്കിൽ പിന്നെ ഗുരുവെന്തിന് ഉപദേശം എന്തിന് ശിഷ്യൻ എന്തിന് ഇതിനൊക്കെ സമാനം പറയുന്നു ഇതിനെല്ലാം കൂടെ അദ്വൈതി ഒറ്റ വാക്കിലൊരു സമാനം പറയും എന്താണ് ഇതെല്ലാം ഒരു ഭ്രാന്തി ഒറ്റ വാക്കിൽ ഇതെല്ലാവരും ഗുരുവുണ്ടെന്ന് കരുതുന്നു ഭ്രാന്തി ശിഷ്യനാണെന്ന് കരുതുന്ന ഭ്രാന്തി മുക്തി നേടുന്ന ഒരു ഭ്രാന്തി ഇതാണ് സാധനം ചെയ്യുന്ന ഭ്രാന്തി ശ്രവണം മനനം നിത്യാസനം ഇതെല്ലാം ഭ്രാന്തി ഇതെല്ലാം ഭ്രാന്തിയാണ് നീ മുക്തനാണ് നീ മുക്തനാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭ്രാന്തി എങ്ങ് മാറും ഇത്രയേ അതാണ് ജ്ഞാനം കൊണ്ട് മുക്തി എന്ന് പറയും നീ മുക്തനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മുക്തി എന്ന് പറയുന്നത് നേടേണ്ട ഒന്നല്ല മറിച്ച് എന്താണ് മറിച്ച് എന്താണ് അദ്വൈതത്തിന്റെ ഏറ്റവും ഏറ്റവും കാതലായ പോയിന്റ് മുക്തി എന്ന് പറയുന്നത് നേടേണ്ട ഒന്നല്ല മറിച്ച് എന്താണ് അറിയേണ്ട ഒന്നാണ് മുക്തി എന്ന് പറയുന്നത് അറിയേണ്ട ഒരു കാര്യമാണ് എങ്ങനെ അറിയണം എങ്ങനെ മുക്തി അറിയണം ഞാൻ മുക്തനാണെന്നറിയണം ബസ് ഞാൻ മുക്തനാണെന്ന് അറിയുക അത്ര തന്നെ അതിനപ്രായൊന്നുമില്ല ശരി ഞാൻ മുക്തനാണോന്നറിഞ്ഞാ എല്ലാം ശരിയാവും ശരിയാകും എങ്ങനെ എങ്ങനെ ശരിയാകുന്നു ഭ്രാന്തി തീറും ഭ്രാന്തി മാറും ജ്ജുവിന് സർപ്പത്തെ കാണും രജ്ജുവിനെ കണ്ട സർപ്പഭ്രാന്തി പോയി അതുപോലെ മരുഭൂമിയിലും മരീചി കാണും ഒരാള് പറഞ്ഞു തരണോ അത് ഒരു മരുഭൂമിയാണെന്നറിഞ്ഞാ ഭ്രാന്തി ഗുരു പറഞ്ഞു തരണ നീ മുക്തനാണെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ആ മുക്തനാണെന്നറിഞ്ഞ ഭ്രാന്തി മാറി ഇതാണ് പ്രശ്നം അപ്പൊ ഈ താൻ മുക്തനായിരുന്നിട്ടും മനസ്സിലായോ നിത്യമുക്തനായിരുന്നിട്ടും എന്തുകൊണ്ട് ഭ്രാന്തി ഉണ്ടായി അതിനു ഇതെന്ത് അവിദ്യ ഉണ്ട് അവിദ്യ കൊണ്ടാണ് എന്ത്ഭ്രാന്തി ഉണ്ട് അതായത് അദ്വൈതൊക്കെ രണ്ട് പ്രശ്ന ചില പറയുന്ന ഈ ഭ്രാന്തി തന്നെയാണ് അവിദ്യ വേറുകൂട്ടില് പറയുന്നത് എന്താണ് അവിദ്യ കൊണ്ട് ഭ്രാന്തി കൊണ്ട് രണ്ടായാലും ശരി ്രാന്തി അവിദ്യയായിട്ടും ഇങ്ങനെ കണക്കാക്കും അവിദ്യ ഭ്രാന്തി ആയിട്ടും കണക്കാക്കും അതെന്തായാലും ശരി ഈ ഭ്രാന്തി അല്ലെങ്കിൽ അവിദ്യ മാറിക്കഴിഞ്ഞാൽ നിത്യമുക്തനാണ് അതിനറിഞ്ഞാ മതി അങ്ങനെ പിന്നെ ഈ ഭ്രാന്തി അല്ലെങ്കിൽ അവിദ്യ എങ്ങനെയുണ്ട് ഈ അനുത്തരം പറയണ്ടേ നിമുക്തനാണെങ്കിൽ അവദ്യാലയങ്ങളിൽ ഭ്രാന്തി എങ്ങനെ ഉണ്ടായിന്ന് ചോദിച്ചാൽ അനുസരം പറയണ്ടേ എങ്ങനെ ഉണ്ടായി അവധ്യാ തോന്നുന്നു ഇത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഉത്തരവ് അവിദ്യ എങ്ങനെ ഉണ്ടായിന്ന് ചോദിച്ചാൽ അവിദ്യ ഉണ്ടായിട്ടില്ല അത് അനാദിയാണ് പോയിന്റുകൾ ഓർമ്മയിൽ വരണം അതാണ് അദ്വൈതം മനസ്സിലാക്കുന്നു അരണ്യയുടെ ബുദ്ധിയായ അദ്വൈതം ശരിയാകുന്നു എന്തുകൊണ്ട് അവിദ്യ ഉണ്ടായിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിദ്യ ഉണ്ടായിട്ടില്ല പിന്നെ ഉണ്ടാകാതെ നിലനിൽക്കുന്നത് അനാദിയായി നിലനിൽക്കുന്നു അനാദിയായി നിലനി അനാദിയായി ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞാൽ അതും നശിക്കും ആത്മാവാണെന്ന് പറഞ്ഞാൽ അതും നശിക്കും ആ നശിച്ചു കഴിഞ്ഞാൽ അതും മുക്തിയാണ് എന്നാൽ നീ സ്വയം മുക്തനാണെന്നാണ് പറയുന്നത് ആത്മാവ് മുക്തനാണ് എന്നാലും ഇവിടെ ഭ്രാന്തിയുണ്ട് ഭ്രാന്തി നശിച്ചു ഒരാൾക്ക് മുക്തനാകാം രണ്ടു മുക്തിയുണ്ടോ ഇല്ല രണ്ടു മുക്തി കൂടെ ചേർത്താ എത്ര കിട്ടും രണ്ടു മുക്തി ചേർത്താ എത്ര കിട്ടും ഒരു മുക്തി ഇവിടെയാണ് രണ്ടു ചേരുമ്പോ ഒന്നാകും മനസിലായോ അവിദ്യ അനാദിയാണ് അതുകൊണ്ട് ഭ്രാന്തി ഉണ്ടായി ഞാൻ ആത്മാണെന്നറിഞ്ഞ ഭ്രാന്തി നശിച്ച് മുക്തനായി ഇതൊന്നും സംഭവിച്ചില്ലെങ്കിലും ഒരുത്തം മുക്തൻ തന്നെയാണ് ഇതൊന്നും സംഭവിച്ചില്ലെങ്കിലും ഒരുത്തം മുക്തനാണെങ്കി പിന്നെ ഈ ഭ്രാന്തി നശിപ്പിക്കുന്നത് ഉത്തരം ർക്കും കത്തുന്നില്ല ചോദ്യം എന്തായിരുന്നു ചോദ്യം എന്താണ് ഭ്രാന്തി എന്തിനും നശിപ്പിക്കുന്നു ഉത്തരാണ് പിന്നെന്തിനാണ് ഭ്രാന്തി നശിപ്പിക്കുന്നത് ഉത്തരം ഉത്തര വെസ്റ്റുണ്ടെങ്കിലും മുത്തനാണ് പിന്നെ ഭ്രാന്തി ഉത്തരം വളരെ സിമ്പിളാണ് ഉത്തരം ഞാൻ പ്രചാരം ഉത്തരേ ഉള്ളു ഇത്രയും സിമ്പിളാണ് റോങ് ദോഷം ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഞാൻ ഭ്രാന്തിന്ന് മലയാളത്തിൽ പറയും അതായത് എന്തിനും നശിപ്പിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയെങ്കിലും അറിഞ്ഞിരിക്കണം ഭ്രാന്തി ഉണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാകും മുക്തനാണെങ്കിലും ഭ്രാന്തി ഉണ്ടെങ്കിൽ എന്ത് വരും ദുഃഖം ഈ ദുഃഖം മാറണമെങ്കിൽ എന്ത് വേണം ഭ്രാന്തി നശിക്കണമെങ്കിൽ എന്തുവേണം പോയി ഇതുവരെ പറഞ്ഞെല്ലാം പോയി അറിയണം റിഞ്ഞാൽ ഭ്രാന്തി നശിക്കും ഭ്രാന്തി നശിച്ചാൽ ദുഃഖം നശിക്കും അപ്പൊ മുക്തനാണെങ്കിലും ഒരാള് ദുഃഖിയാണ് സ്വയം മുക്തനാണെങ്കിലും ഒരാള് ദുഃഖിയാണ് എന്തുകൊണ്ട് ആ ഭ്രാന്തി നശിക്കണത് എന്ത് വേണം അതിനു വേണ്ടിയിട്ടാണ് ഗുരു ശാസ്ത്രം സാധ്യം സാധന എല്ലാ കാര്യങ്ങളും അവന് വേണ്ടിട്ടുണ്ട് ഇങ്ങനെയാണ് എല്ലാം കൂടെ അദ്വൈതി ഉരുട്ടിപ്പിരട്ടിക്ക് എടുക്കുന്നത് മനസിലായി വളച്ചു കൂട്ടി എടുക്കുന്നത് ഇങ്ങനെയാണ് അവസാനം അദ്വീതി പിടിക്കുന്നിടത്തു വന്നിരിക്കും മനസിലായി ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു കൊണ്ടുവന്ന് അദ്വീതി ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കും ആണ് അദ്വൈതത്തിന്റെ വഴി അപ്പൊ എല്ലാത്തിനും ഉത്തരമായേ ആത്മാവ് നിത്യമുക്തമാണ് എന്നാലും ഭ്രാന്തി ഉള്ള കൊണ്ട് നിങ്ങൾക്ക് മുക്തി ആവശ്യമാണ് അപ്പൊ നിത്യന് മുക്തനായിരിക്കുന്ന ആത്മാവിന് എന്തിൽ നിന്നാണ് മുക്തി വേണ്ടത് ദുഃഖത്തിൽ നിന്നും അപ്പൊ ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അപ്പൊ ഈ ദുഃഖം എന്താണ് സംസാര ദുഃഖം എന്ന് ശരിക്കും എന്താണ് അതൊക്കെ തന്നെ എന്നാലും എന്താണ് ദുഃഖത്തിന്റെ സ്വരൂപം എന്താണ് ആ ദുഃഖം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞാ പോലെ ദുഃഖം എന്താണെന്നോ ചോദിച്ച ആ ദുഃഖം എങ്ങനെയുള്ളതാണെന്നാണെങ്കിൽ ചോദിക്കും സംസാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നോ ചോദിച്ചു എങ്ങനെയുള്ളതാണ് അതിനാണ് പറയുന്നത് ജനന മരണങ്ങളാണ് ദുഃഖം അതെങ്ങനെയാണ് ജനിക്കുക എന്ന് പറയുന്നതിനും വളരെ ദുഃഖമാണ് പഴയകാലത്ത് വിശ്വസിച്ചിരുന്നത് അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പം വളരെ ദുഃഖം അനുഭവിക്കേണ്ടിയിരുന്നു വളരെ വളരെ പഴയ ശാസ്ത്രം പറയുന്നതാണ് മോഡേൺ സയൻസ് എന്താ അമ്മയുടെ വയറ്റി കിടക്കുമ്പോ ദുഃഖം പലതരം ചോദിച്ചിട്ടുണ്ട് അമ്മ കാന്താരി മുളക് കഴിച്ചു ഈ കുട്ടിക്ക് എന്താണ് ഏരിവുകൊണ്ട് പൊരിയും എന്നൊക്കെയാണ് ശാസ്ത്രങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് അപ്പൊ ഒരുപാട് ദുഃഖം പിന്നെ എന്താണ് മലത്തിന്റെയും മൂത്രത്തിന്റെ ഇടയിലാണ് കിടക്കുന്നത് അതൊക്കെ അതിന് വളരെ ദുഃഖകരമായ കാര്യമാണ് അത് കഴിഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലോ അവിടെ പോലെ ജനിക്കുന്നതെന്നെ കരഞ്ഞുകൊണ്ടാ ജനിക്കുന്നത് ദുഃഖം ഉണ്ടായിട്ടല്ലേ കരയുന്നു കരയേണ്ട കാര്യമുണ്ടോ അവിടെ പോലെ നിരന്തരം രോഗം വാർദ്ധക്യം പല കാരണങ്ങളൊണ്ടും മനുഷ്യൻ ദുഃഖിക്കുന്നു അവസാനം മരിക്കുന്ന സമയമാണെങ്കിലോ ശ്വാസം പോകുന്നില്ല രോഗങ്ങളും കഷ്ടപ്പെടുന്നു കിടന്നു വരിക്കുന്നു ഇതൊക്കെ എന്താണ് ദുഃഖമാണ് അപ്പൊ ജനന മരണം ഇതിനാണ് ദുഃഖം ഈ ദുഃഖം ഇല്ലാതാണെങ്കിൽ ഈ ഭ്രാന്തി നശിക്കണം ഭ്രാന്തി നശിച്ചാൽ ഈ ദുഃഖം ഇല്ലാതാവും എങ്ങനെ സിമ്പിൾ എങ്ങനെ എങ്ങനെയാണ് ഭ്രാന്തി ദുഃഖം മാറുന്ന എങ്ങനെ കണക്ട് ചെയ്ത് ചിന്തിക്കാൻ കഴിയുന്നില്ല അതായത് ഈ ദുഃഖം ജനിച്ച് അവിടെ നിന്ന് വളർന്ന് വർദ്ധകൃം വന്നും രോഗം വന്നും മരിക്കുന്ന ദുഃഖങ്ങളെല്ലാം ഭ്രാന്തിയാണ് ഈ ദുഃഖങ്ങളെല്ലാം എന്താണ് ഭ്രാന്തിയാണ് എന്തുകൊണ്ട് തെല്ലാം ഭ്രാന്തി ആവുന്നു ആത്മാവ് ഇതൊന്നുമല്ല ആത്മാവിൽ ഇതൊന്നുമില്ല ആത്മാവ് ഈ രൂപത്തിലുള്ള ജനന മരണം രൂപത്തിലുള്ള ഒന്നല്ല ആത്മാവിൽ ജനന മരണങ്ങൾ ഇല്ല ഇതൊക്കെ അദ്വൈതത്തിന്റെ ഓരോ പോയിന്റുകളാണ് ഇതാണ് അദ്വൈതത്തെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇപ്പൊ ഭ്രാന്തി എന്ന് പറയുന്നതാണ് ഈ ദുഃഖം ജ്ഞാനം വന്നു കഴിഞ്ഞാൽ ഭ്രാന്തി നശിക്കുന്നു അപ്പൊ ദുഃഖം നശിക്കുന്നു അപ്പൊ ദുഃഖം നശിക്കുന്നു എങ്ങനെയെന്ന് ചോദിച്ചാൽ ഭ്രാന്തി നശിക്കുന്നു എന്തുകൊണ്ട് ദുഃഖം ഭ്രാന്തിയാണ് ദുഃഖം വാസ്തവം അല്ല ദുഃഖം ഭ്രാന്തിയാണ് നിന്റെ ഓരോ പോയിന്റുകളും കൃത്യമായി അറിഞ്ഞാൽ നിങ്ങൾക്ക് അദ്വൈതം എന്താണെന്ന് ദുഃഖം നശിക്കും നിങ്ങൾ ജ്ഞാനികളാവും മോശമുള്ളവരായിരിക്കും എന്നാരും പറയുന്നു ഞാൻ പറയുന്നതല്ല വിശ്വസിച്ചാ മാത്രം വിശ്വസിക്കഴിഞ്ഞാൽ ഒരാൾ വേണമെങ്കിൽ ചോദി ശരിക്കും ആത്മാവ് എന്ത് കൊണ്ടോ അതോ ഇല്ലയോ ഒന്ന് തീർത്തു പറയും കൊണ്ടോ ഇല്ലയോ രം പറയും അനുഭവത്തിന് വരുതാണ് നമ്മള് ദുഃഖം അനുഭവിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ട് കൊണ്ട് ഓട്ടം അടയ്ക്കുന്ന അപ്പൊ ദുഃഖം ഉണ്ടെന്ന് വന്നു അപ്പൊ ദുഃഖം ഉണ്ടാ ഭ്രാന്തി ദുഃഖമുണ്ട് അപ്പൊ ദുഃഖമില്ലേ അഭാവിലാണെങ്കി ദുഃഖമില്ല അപ്പം ഇല്ല ഇതുന്നെ പറയുന്നു നിങ്ങൾക്ക് ഭ്രാന്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ട് നിങ്ങളുടെ ഭ്രാന്തി മാറിയ ദുഃഖം ഇത്രയും പറയുന്നു നിങ്ങൾ ഭ്രാന്തി ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരത്തിലാണ് ഭ്രാന്തി ഇല്ലെങ്കിൽ നിങ്ങൾ മോക്ഷത്തിലാണ് ഇതാണ് പറയുന്നത് ഈ ഭ്രാന്തി ുഃഖമുണ്ടാകുന്ന ഈ ഭ്രാന്തി അല്ലെങ്കിൽ ദുഃഖമാകുന്ന ഈ ഭ്രാന്തി നമ്മളെങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത് പിടികൂടിയിരിക്കുന്നത് പോലെ ഈ ഭ്രാന്തി നമ്മളെ അങ്ങനെ തന്നെ നമ്മളെ പിടിക്കുന്ന എങ്ങനെ ദുഃഖം വന്ന് നമ്മളെ പിടിക്കുന്നെങ്ങനെ ജനാമനം തന്നെ ദുഃഖം നമ്മളെ പിടിക്കുന്ന എങ്ങനെ പോയിന്റ് ബൈ പോയിരിക്കുന്നത് അപ്പൊ ഞാൻ ശരീരമാണെന്നുള്ള ബോധം പറഞ്ഞു കറക്റ്റ് ഞാൻ ശരീരമാണെന്നുള്ള ബോധമാണ് നമ്മളെ ഈ ദുഃഖം വന്ന് പിടിക്കാൻ കാരണം അത് ഞാൻ ശരീരമാണെന്നുള്ള ബോധം അതിനോട് ചേർന്നു വന്ന് ഞാൻ ജനിക്കുന്നവനാണ് ഞാൻ മരിക്കുന്നവനാണ് എനിക്ക് ദുഃഖമുണ്ട് തുടങ്ങിയ ബോധങ്ങളല്ല ഇതാണ് ദുഃഖത്തെ ഉണ്ടാക്കുന്നത് പിന്നെ ഒന്നുകൂടി എന്താണ് ഈ പ്രപഞ്ച സത്യമാണെന്നറിഞ്ഞ് വ്യവഹരിക്കുക പ്രപഞ്ചസത്യമാണെന്നറിഞ്ഞ് ചിന്തിക്കുക പറയുക പ്രവർത്തിക്കുക ഇതും ദുഃഖത്തിന് കാരണമാണ് ഇപ്പൊ ഞാൻ ദേഹമാണ് എന്നുള്ള ബോധവും പ്രപഞ്ചസത്യമാണെന്നുള്ള ബോധവും ചേർന്നിട്ടാണ് ഈ ദുഃഖത്തെ എല്ലാം ഉണ്ടാക്കുന്നത് ഇതങ് പോയിപ്പഴിഞ്ഞാൽ ഞാൻ ദേഹമാണെന്നുള്ള ബോധമില്ല പ്രപഞ്ചസത്യമാണെന്നുള്ള ബോധമില്ലെനിക്ക് ദുഃഖമില്ല ആരെങ്കിലും ഉറങ്ങുന്നുണ്ടാതി ഇത്രേയുള്ള അദ്വൈതത്തിൽ മനസ്സിലാക്കേ ഇത്തരം മനസ്സിലാക്കി എല്ലാവരും മുക്തന്മാരായി ഞാൻ ആത്മാവാണെന്ന് മനസിലായില്ലേ അപ്പൊ പിന്നെ ഭ്രാന്തി ുഖില്ല പിന്നെ ഞാൻ ആത്മാവാണെന്ന് പറഞ്ഞു ഞാൻ നിത്യമുക്തനാണെന്ന് പറഞ്ഞു പക്ഷെ നമ്മള് ഭാമധികാരം പറയുന്നത് ഇത് പോര എന്നാണ് ഞാൻ ആത്മാവാണെന്ന് പറഞ്ഞ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണ് ഇതൊരു അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ പോരാ ണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് പറയുന്നവരെല്ലാം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ചാവും കരഞ്ഞു കരഞ്ഞ് ചാവും അണ്ടർസ്റ്റാൻഡിംഗ് പോരാതി കാലം പറയുന്ന എന്താണ് ഈ ദുഃഖം മാറണമെങ്കിൽ സമാധിയിലെത്തിച്ചേരും സമാധി എത്തിച്ചേരുമ്പോ ീ ഭ്രാന്തി അവിടെ മാത്രമേ മാറത്തുള്ളൂ ഭ്രാന്തി മാറുന്നതിന്റെ അടയാളം എന്താണ് ഭ്രാന്തി മാറുന്നുമ്പെ അറിഞ്ഞിരിക്കുന്നു അടയാളം ഭ്രാന്തി മാറുന്നതിന്റെ അടയാളം എന്താണ് സമാധി സമാധിയിലാണ് ഭ്രാന്തി മാറുന്നത് സമാധി ഭ്രാന്തി മാറുന്നതിന്റെ അടയാളം എന്താണ് നിരൂപാധികൾ സിമ്പിൾ അഭിപ്രായം ഒരുപാട് കടുത്ത വാക്കൊന്നും പറയരു സമാധിയിൽ ഞാൻ ആത്മാവാണകം ബ്രഹ്മസ്മി എന്നുള്ള ബോധത്തിരിക്കുന്നു അവിടെ പ്രപഞ്ചമില്ല ദുഃഖമില്ല ശരീരമില്ല ജന്മവില്ല മരണമില്ല ഒന്നുമില്ല അവിടെ ദുഃഖമില്ല അങ്ങനെയാണ് ദുഃഖം ഇല്ലാതാകത്തുള്ളു ഇതാണ് ഭാഗതികാരം പറയുന്നത് എല്ലാ ഇവിടെ ഇരുന്നുകൊണ്ടിരിക്കോ എല്ലാതൊക്കെ എല്ലാ ആത്മാവാണ് ഞാനെന്നും പറയു ഒരു കാര്യം ഇതൊരു അണ്ടർസ്റ്റാൻഡിങ് അല്ല പിന്നെ ഇതെന്താണ് എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് ദിസ്ഇസ് നോട്ട് എ മിയർ അണ്ടർസ്റ്റാൻഡിങ് ബ് ദിസ്ഇസ് ഡയറക്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാ പോരാ പിന്നെയോ ഡയറക്റ്റ് എക്സ്പീരിയൻസാണ് എന്ന് എന്നാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത് അതാണ് ഈ പൊട്ടന്മാർ കിടന്നു കളിച്ചില്ലായിരുന്നു അണ്ടർസ്റ്റാൻഡിംഗ് അല്ല ഇത് സമാധിയാണ് ഉം ശരി ഇനി സമാധിയായി സമാധി ആയി കഴിഞ്ഞ പിന്നെ കരയോ സമാധിയായാൽ പിന്നെ കറിയൂ ആ സമാധി എന്നുള്ളതൊന്നും ഇതും കരഞ്ഞ ഒരു പ്രശ്നമില്ല അതായാലും പ്രശ്നമില്ല മനസ്സിലായോ എന്നാ കരയാതിരിക്കണെങ്കിൽ എന്തു വേണം ഒരു പറഞ്ഞോണ്ട് ബ്രഹ്മവിത് വരൻ വരിയാൻ വരിഷ്ഠൻ അവിടെ എത്തിച്ചേർന്ന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആ വഴിക്ക് പോകാം ഞങ്ങൾ ആരും തടയത്തില്ല മനസിലാവോ വാശിയും വൈരാഗ്യം ഒക്കെ ഉണ്ടെങ്കി എന്തു ചെയ്യണം വരിഷ്ഠന വരിഷ്ഠനായിരുന്നു ശരീരവും അപ്പൊ എന്തൊക്കെ അറിയണ്ട ആവശ്യം സമാധി പോയിട്ട് തിരിച്ചു വന്നാണു കറിയുന്നില്ല അവസ്ഥ ഒന്നും ഇല്ല അല്ലാതെ തോന്നി മരുഷനാമ പിന്നെ മരിച്ചാ മാത്രം പ്രാരബ്ദോടെ അവസാനിക്കും പ്രാരബ്ദ അവസരിക്കുന്നാണ് മരണം സ്വയം എന്ന് പറയുന്നതാണ് വൃത്തിശൂന്യോയം ബ്രഹ്മ കേവലം ൃത്തിശൂന്യനായിരിക്കുന്നു കേവലം ബ്രഹ്മമായിരിക്കുന്നു ശരീരം പഴുത്ത മാങ്ങ ഞട്ടറ്റ് വീഴുന്ന പോലെ വീണു വീണു എന്നാണ് പറയുന്നത് എന്നെവിടെ പറഞ്ഞിരിക്കുന്നു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു മനസ്സിലാവേ അതാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം മൊത്തം ഈ പറയുന്നത് ഇങ്ങനെയാണ് നീതന്തുയിരിക്കുന്നത് സത്യം എന്നുവെച്ചാൽ മുക്തി ഉണ്ടാകുമ്പോൾ അസ് ഏതെക്തന്റെ ഏതേ ശുദ്ധത്വ പ്രസന്ധി ആത്മാവിന്റെ ഈ ശുദ്ധത്വാദികൾ പ്രകാശിക്കുന്നു തടസ്തുപ്രാഗ് അതിനു മുമ്പ് ദേഹാദ്യ അഭേദേന ദേഹാദികളോട് ോണ്ട് എന്ത് ആത്മാവ് തദ്ധർമ്മ ദേവധർമ്മങ്ങളായിരിക്കുന്ന ജന്മ ജരാ മരണാദി ദുഃഖയോഗ ജന്മം ജരാ മരണം തുടങ്ങിയ ദുഃഖസംബന്ധം മുക്തിക്ക് മുമ്പ് ഒരാൾക്കുണ്ടായിരിക്കും മുക്തിയിലാണെങ്കിലും അയാൾ സത്യശുദ്ധ മുക്തനായിരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുന്നു സദൈവ മുക്തഹ പറയുന്നു ആത്മാവ് സദാ മുക്തനാണ് സദൈവ കേവലോ സദാ കേവലനായിരിക്കുന്നു അനാദ്യ വിദ്യാവശ്യം ആദ്യ അവിദ്യ കൊണ്ട് ഭ്രാന്തിയ അയാളുടെ ഭ്രാന്തി കൊണ്ടാണ് ഞാൻ ഭ്രാന്തിയെ കുറിച്ച് വിശദീകരിച്ചത് ഭ്രാന്തി കൊണ്ട് തഥാ അവഭാസതേ ഭ്രാന്തി കൊണ്ട് ഇത്യർത്ഥ എന്നാണ് അനൌപാധികം ബ്രഹ്മണോ രൂപം അപ്പം ബ്രഹ്മത്തിന്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് ഉപാധി ഇല്ലാത്തതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബ്രഹ്മത്തിന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് എന്താണ് അനൗപാധിയും ഉപാധി ഇല്ലാത്തതാണ് എന്താണ് ബ്രഹ്മത്തിന്റെ ഉപാധി എന്ന് പറയുന്നത് ഏഹ് അവിദ്യ തുടങ്ങിയ എല്ലാ ഉപാധികളാണ് ഉപാധിയിൽ നിന്ന് എന്താ തന്നെ വിളിക്കുന്നത് ഉപാധിന്ന് വിളിക്കുന്ന സ്വാഭാവികമായിരുന്നു അതായത് ഉപാധി എന്ന് തന്നെ വിളിക്കാൻ കാരണം അത് ആത്മാവിനോട് ചേർന്ന് നിന്നിട്ട് ആത്മാവിൽ തന്റെ ധർമ്മങ്ങളെ ആരോപിക്കുന്നോണ്ടാണിതിന ഉപാധികളെന്ന് പറയുന്നത് വിദ്യം മറ്റുമൊക്കെ എന്തു ചെയ്യുന്നു ആത്മാവിനോട് ചേർന്ന് നിന്നിട്ട് അതിന്റെ ധർമ്മങ്ങളായ സുഖതുക്കാദികളെ ആത്മാവിൽ ആരോപിക്കുന്നു അതുകൊണ്ടാണ് ഇതിനേക്ക് ഉപാധി എന്ന് പറയുന്നു ഉപ ആധീയത അനേന എന്നാണ് സമീപത്തിരുന്നു ആത്മാവിൽ ഇത്തരം അനാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഇതിനേക്കെന്തു പറയുന്നു ഉപാധി എന്ന് പറയുന്നു അപ്പോൾ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന ഉപാധികളാണ് ആത്മാവ് നിത്യശുദ്ധ ബുദ്ധമുക്തനായിരുന്നിട്ടും ഈ ഉപാധികളാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് ഉപാധിയുടെ അടിസ്ഥാനമായിരിക്കുന്നതാണെന്ത് അവിദ്യ അവിദ്യ തുടങ്ങുന്നതാണ് ഇത് പ്രത്യേകം മനസ്സിലാക്കണം ആണ് പറയുന്നത് ശരിക്കും ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ് അനൌപാധികം ബ്രഹ്മണോ രൂപം അതിനു പറഞ്ഞ നിത്യശുദ്ധ ബുദ്ധമുക്തം ഉപാധിയില്ലാത്ത രൂപമാണ് അവിദ്യ ഉപാധികം രൂപമാഹ അവിദ്യ രൂപത്തെ പറയുന്നു സർവജ്ഞം സർവശക്തി സമന്വം െന്ന് പറ അവിദ്യയാകുന്ന ഉപാധിയോടു കൂടിയതാണ് അപ്പോ ശുദ്ധമായ ശുദ്ധമായ ബ്രഹ്മം എന്ന് പറയുന്ന ഈശ്വരനല്ല അതില് അവിദ്യ കൂടി ചേരുമ്പോഴാണ് അതിനെ ജീവൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് അവിദ്യ കൂടി ചേരുമ്പോഴാണ് അതിന് ജീവനെന്ന് പറയുന്നത് അപ്പൊ ജീവൻ ഈശ്വരൻ തമ്മിൽ വ്യത്യാസം രണ്ടുപേർക്കും അവിദ്യ ഉണ്ടല്ലോ അവനെന്താ വ്യത്യാസം പറയുന്നത് പോരാ കൊടച്ചുത്തരം ഉണ്ട് അതിനകത്ത് പക്ഷെ പോരാ അവിദ്യയാണ് ജീവൻ എന്ന് പറഞ്ഞാ പോരാ ുംഅവിദ്യോപാധിയാണ് ജീവനോ ആവിദ്യ ഉപാധിയാണ് രണ്ടുപേരും തമ്മിൽ എന്താ വ്യത്യാസം സിംപിളാണ് ഉത്തരം ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ ചോദിക്കും ഉപാധിയിൽ വരുന്ന വ്യത്യാസമാണ് ചോദിച്ചത് ജീവന്റെ ഈശ്വരന്റെയും വ്യത്യാസം ഉപാധിയിലെന്ത് വ്യത്യാസം വരുന്നു വ്യത്യാസമാണ് അത് ഉപാധിയുടെ വ്യത്യാസം എന്നാ ചോദിച്ചത് അങ്ങനെ പ്രവർത്തിക്കുന്നുള്ളതല്ല ഈ രണ്ടുപാധികളിലും എന്താ വ്യത്യാസം രണ്ടും അവിദ്യയാണെങ്കിൽ എന്താ വ്യത്യാസം സിമ്പിളായ ഒത്തിരമാണ് അറിയില്ലെങ്കിൽ അറിയില്ലെങ്കിൽ കിടന്നും മുക്കുണ്ടാക്കിയ അതായത് അവിദ്യ തന്നെയാണ് രണ്ടും പക്ഷെ ഈശ്വരന്റെ ഉപാധിയെന്ന് പറയുന്ന ശുദ്ധസത്വപ്രധാനമായ വിദ്യ ജീവന്റെ ഉപാധി എന്ന് പറയുന്ന മലിന സത്വപ്രധാനമായ വിദ്യ ശുദ്ധസത്വം എന്ന് പറഞ്ഞ എന്റെ അർത്ഥം അതിനകത്ത് രജസും തമസും തീരെ കുറവാണ് ശകലം ഞാനും കാണും മലിന സത്വം എന്ന് പറഞ്ഞാൽ അത് രജസും തപസ്സും മുഴുകിയിരിക്കാണ് ഇതാണ് വ്യത്യാസം ഇത് പറയുന്നതിന് ഒരു അത് ഒക്കെ പറഞ്ഞ ശരിയാവും ഇത്രയും നമ്മൾ കേട്ടിട്ടുണ്ട് ഇത്രയും കാലം അദ്ദേഹം അപ്പൊ ഈശ്വരന്റെതും അവിദ്യ തന്നെ ജീവന്റെ അവിദ്യ തന്നെയാണ് ഉപാധി പക്ഷെ ഈശ്വരന്റെ അവിദ്യ എന്ന് വെച്ചാൽ ശുദ്ധ സത്വപ്രധാനം അത് പര്യായമായിട്ട് പറയുന്നു പറഞ്ഞാൽ ഇത് തന്നെ അതിന്റെ മായ എന്ന് പറഞ്ഞാലും പറയുന്ന മായ എന്താ ശുദ്ധ സത്വപ്രധാനം അപ്പൊ മായ അവിദ്യ എന്നുള്ള പേരില് തർക്കിക്കേണ്ട കാര്യമില്ല സംഗതി ഇത് മനസിലാക്ക ഉപാധിയുടെ വിശേഷത എന്താണ് ജീവന്റെ ഉപാധി എന്ന് പറയുന്ന മലിന ഈശ്വരന്റെ ഉപാധി എന്ന് പറയുന്നത് ആ ശുദ്ധ സത്വ പ്രധാനമായ അവിദ്യക്കാണ് പറയുന്നത് മായ മനസിലായോ മായ എന്ന് പറഞ്ഞാൽ മതി നീയല്ലോ മായയും മായാവിയും മായാവിനോദ നീയല്ലോ മായ എനിക്ക് സായുജന്നുള്ളത് മായ ാണ് ജീവന്റെ ജീവൻ ഭാഷ മായെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പറയില്ലേ ജീവന്മാരെല്ലാം മായപ്പെട്ടുകിടക്ക ഭഗവാനുടെ മായ ഹോ മധുത ജീവന്മാരെ കുറിച്ചു മായാമോഹിതനാണെന്ന് പറയും ഒരു കുഴപ്പമില്ല എന്ന വിദ്യെന്ന് പറയാ പക്ഷെ വ്യത്യാസം മനസിലാക്കിയിരിക്കുന്നു ശുദ്ധസത്വമാണ് ഈശ്വരൻ അതുകൊണ്ട് ഈശ്വരനും കേമനാണ് ജീവനപേക്ഷിച്ച് മലിനസത്വമാണ് ജീവൻ അതുകൊണ്ട് ജീവൻ മഹാ പന്നിയായിരിക്കുന്നു ജീവൻ രജസം താമസം ആ രജസം താമസം കൊണ്ട് കിടന്ന് ഉള്ളുകയാണ് ശുദ്ധസത്വമാണ് ഈശ്വരൻ അതുകൊണ്ട് ഈശ്വരനെന്താ പറ്റും സൃഷ്ടി സ്ഥിതി സംഹാരം ഉണ്ടാക്കാൻ പറ്റും മോക്ഷം കൊടുക്കാൻ പറ്റും ജീവന അനുഗ്രഹിക്കാൻ പറ്റും എല്ലാം കഴിയും അത് ഉപാധി ശുദ്ധസത്വമായിരുന്നു സൂചിപ്പിക്കുന്നു ഏത് ദൈവങ്ങളെന്നോ എന്ന് പറഞ്ഞ ദൈവം പറയുന്നില്ല ദൈവം എന്ന് പറയുന്നില്ല ഈശ്വരൻ ദൈവം എന്ന് പറഞ്ഞ ഏ ദൈവദശകത്തിലെ ദൈവം എന്ന് പറയുന്നത് ഈശ്വരൻ ദൈവം ദൈവം എന്ന് പറയുന്ന ആ ശബ്ദം വന്നിരിക്കുന്നത് ഈശ്വരൻ എന്നുള്ള അർത്ഥത്തി വരുമ്പോ അത് റൂട്ട് അനുസരിച്ചല്ല ഉപയോഗിക്കും ഏത് ശബ്ദം കേട്ടാണ് നമ്മളതിന്റെ റൂട്ട് അന്വേഷിക്കേണ്ട കാര്യമില്ല റൂട്ട് എല്ലാ ശബ്ദങ്ങൾക്കും ഇല്ല അപ്പോ ദൈവം പറയുന്ന ആ ശബ്ദത്തിന് റൂട്ടില്ല ഈ അനുദലയെ അതിസൂക്ഷ്മമായി ശുദ്ധ സാത്വികൃത്തികാസത്തിൽ തീടിച്ചൊടുക്കി ആ നിശ്ചയവൃത്തി മാത്രമായി അനുഭവിച്ച് അഖണ്ഡാകാര വൃത്തിയുടെ ഗൂഢസ്ഥാനത്തിൽ നിൽക്കുന്ന ഞങ്ങൾക്കും നന്ദിലൂടെക്കും സൂര്യപ്രകാശ കോളങ്ങൾ ഉള്ളതുപോലെ യാതൊരു വൈലക്ഷണവും ഇല്ലെന്നുള്ള അനുഭൂതിയെ ദൃഢീകരിച്ച് ഭോഗൃഗ്യാനുഭൂതി വിട്ട് ശരീരശ്രേഷ്ഠ മാത്രപ്രവൃത്തിയോടുകൂടി യഥേഷ്ടം ഉപയിരിക്കുന്നത് ഇന്ദുലൂടിയുടെ അനുഗ്രഹമുണ്ടാകണം നമസ്കാരം നമസ്കാരം നമസ്കാരം ഞാനിത് വ്യക്തമായി Hmm. Like like to like it േ ജീവനെ കുറിച്ച് അതിസൂക്ഷ്മമായ ശുദ്ധസാന്ധ്യയെ ആ പ്രവൃത്തി പ്രകാശിക്കുന്ന ഈ എല്ലാ ഈശ്വരൻ മാത്രമാണെന്നുള്ള അനുഭൂതിയുണ്ട് നിശ്ചിത വൃത്തി മാത്രമായി അനുഭവിച്ച് അകണ്ടാരോജയുടെ ഗോള സ്ഥലങ്ങൾക്ക് ഞങ്ങൾക്കും തിരിപ്പിടിക്കുന്ന അവിടെ ഒരു ആത്മ അനുഭവം ആത്മ ആണെന്നുള്ള വൈലക്ഷണങ്ങൾ എന്നൊരു അനുഭവം ദൃഢീകരിച്ച് പോക പോക അനുഭൂതി സ്വാമി അത് സാധാരണ ദേവന്മാരെന്നൊക്കെ ഉപയോഗിക്കുന്നു ഈ ദേവന്മാര് എന്ന സ്ഥലത്ത് പോയിക്കുമ്പോ ദിവ ക്രീഡ വിജികീഷ വ്യവഹാര സ്തുതി മോദ മത കാന്തി ഗതിഷു എന്ന് പറയുന്ന പറഞ്ഞേ ധാഗുവിന്റെ ഒരിക്കേ പറയത്തുള്ളു വീണ്ടും പറയണു ഇതാണ് ദിവദാഗു നമുക്കൊരാട്ടേ ദിവ എന്താ ദിവ ദേവ ഇങ്ങനെ എന്തിനുണ്ടീഷ് വേർഡ് പറയല്ലോ അത് മാത്രമേ എനിക്കറിയാം സ്വയം പ്രകാശിക്കാം സ്വയംപ്രകാശ അതാണ് അർത്ഥം ദീപദാകർത്ഥമുണ്ട് ഇല്ലേശ് ഏതോ പൊട്ടം പറഞ്ഞു ദൈവം എന്ന് പറയുന്ന അർത്ഥത്തിലെ ദൈവം എന്ന് പറയുന്നത് പൊതുവേ സംസ്കൃത സാഹിത്യത്തിൽ ഉപയോഗിക്കുന്ന ഭാഗ്യം എന്നുള്ള അർത്ഥത്തിലാണ് ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിലല്ല മനസിലായാൽ വളരെ പുരാതനമായ വൈഷ്ണവാഗമങ്ങളുണ്ട് ഈ വൈഷ്ണവാഗമങ്ങളെ ചിലടത്ത് െന്നുള്ള അർത്ഥത്തിൽ ദൈവം ഒന്ന് പ്രയോഗിച്ചിട്ടുണ്ട് അത് ചില സ്ഥലങ്ങളിൽ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട് അത് പൊതുവെ സംസ്കൃത സാഹിത്യത്തിൽ ദൈവം എന്ന് പറഞ്ഞാൽ ഭാഗ്യം എന്നർത്ഥേ ഉള്ളു ദൈവം ദൃഷ്ടി ഭാഗ്യം ഭാഗധൈവം എന്നൊക്കെയാണ് എന്താർത്ഥം അത് ഈശ്വരൻ എന്ന അർത്ഥമില്ല പക്ഷേ നമ്മളെ മലയാള ഭാഷയിൽ ദൈവം എന്ന് പറയുന്ന ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ വ്യാകമായി പ്രയോഗിക്കുന്നുണ്ട് മലയാളത്തിൽ സംസ്കൃതത്തിൽ അത് വളരെ കുറവാണ് ഗീതയില് ദൈവം ചെയ്വാത്ര പഞ്ചമം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് മനസ്സിലായോ അത് നോട്ട് ചെയ്തു വെച്ച എന്നിട്ട് വായിച്ചുപോകണം ദൈവം ചെയ്വാത്ര പഞ്ചമം കേട്ടിട്ടുണ്ടോ അറിയാം ശരീരം അങ്ങനെ അഞ്ചു കാര്യങ്ങൾ അതാണ് പ്രവൃത്തി അതിന്റെ ദൈവം എന്ന് പറയുന്ന ശബ്ദത്തിന് രാമായുജ ആചാര്യ ഒരു ഭാഷ എഴുതി ഈശ്വരൻ ആ ഭാഷത്തില് അത് രാമാനുജ ഭാഷയത്തിന് ഭാഷ കഴിഞ്ഞ ആളാണ് വേദാന്ത ദേശികൻ മനസ്സിലായോ വേദാന്ത ദേശികൻറെ ഭാഷ്യം എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കാലത്ത് ഈ ദൈവശബ്ദം എവിടെ എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ എന്നുള്ളത് മനസിലാവും അതെടുത്ത് വായിച്ചു നോക്കിയാ വായിച്ചു നോക്കണം വേദാന്ത ദേശികൻ്റെ അല്ലാതെ സാധാരണഗതിയിൽ ഒരിടത്തും ദൈവശബ്ദത്തിന് ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ് സമർത്ഥിക്കുന്ന ഒരു ഭാഗം ഞാൻ കണ്ടിട്ടില്ല ഉണ്ടായിരിക്കും എനിക്കറിയത്തില്ല അതിന് എല്ലാവരും പഠിപ്പിക്കുമ്പോഴത്തേക്ക് ശരി തന്നെയാണ് പക്ഷെ ദൈവദേശമെന്ന് പറയുന്ന ദൈവം അത് രൂഢ ശബ്ദമാണ് നിഷ്പന്ന ശബ്ദമാണ് അത് സംസ്കൃതത്തില് രണ്ടു തരത്തിലുള്ള ശബ്ദങ്ങൾ എന്താ എന്താണ് രൂഢവും നിഷ്പന്നവും അപ്പൊ നിഷ്പന്നമായ ശബ്ദത്തിൽ ദൈവശബ്ദം ഉപയോഗിക്കുന്നു ഭാഗ്യം എന്നുള്ള അർത്ഥത്തിൽ ദേവന്മാരെന്നുള്ള അർത്ഥത്തിൽ ഒക്കെ ഉപയോഗിക്കുന്നവരാണ് രൂഢാർത്ഥത്തിൽ ഈശ്വരൻ എന്നുപയോഗിക്കുന്ന അത് മലയാളത്തിലാണ് സംസ്കൃതത്തെ അപൂർവമായി ഉപയോഗിക്കുക അതെവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ അതുകൊണ്ട് ദൈവശബ്ദം പറയുമ്പോൾ അതിന്റെ വിത്പത്തി നോക്കേണ്ട കാര്യമില്ല ഈ ദൈവശബ്ദം ദിവ ധാതുവിൽ നിന്നാണെന്ന് പറഞ്ഞ് ഇത് തുടങ്ങി വെച്ച് എന്റെ ഒരു ധാരണ ഈ പണിയൊപ്പിച്ച ബാലകൃഷ്ണൻ നായർ സാറാണെന്ന് സാറിന്റെ വ്യാഖ്യാനത്തിൽ ആർജ്ജും കാണുന്നു അത് വായിച്ചിട്ടല്ലേ നമ്മള് ക്ലാസ് എടുക്കാൻ പോകുന്നു അവിടെയാണ് ഈ ദിവസം പറഞ്ഞു അതുമായിട്ട് അതിൽ ഒരു കാര്യമില്ല ദൈവശബ്ദത്തിന്റെ അർത്ഥം സംസ്കൃതത്തിൽ ഭാഗ്യം ഉള്ള അർത്ഥത്തില്ല ഉപയോഗിക്കുന്നത് വളരെ അപൂർവമായി മാത്രമേ ഏതർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ ഏതർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ളു ഈശ്വരൻ മലയാളത്തിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ദൈവം ഈശ്വരൻ ഈ വ്യത്യാസം മനസ്സിലാക്കാതെ പാണ്ഡിത്യം പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി ദൈവം എന്ന് വെച്ചാൽ ദിവ ധാതു ആണ് പ്രകാശിക്കുന്നാണ് മാങ്ങാത്തൊലിയാണ് ഒരാവശ്യം ദൈവം എന്ന് വെച്ചാ ഈശ്വരൻ എന്തുകൊണ്ട് അങ്ങനെയാണാ വാക്കിന്റെ അർത്ഥം മനസിലായോ അപ്പൊ പശു എന്ന് പറഞ്ഞാ എന്താണോ അതിന്റെ അർത്ഥം എന്താ അർത്ഥം പശു എന്നാല് ഏത് ദാതുണ്ടായി അപ്പൊ അവിടെ നമ്മൾ ധാതുവിനെ കുറിച്ച് ചിന്തിക്കത്തില്ല മനസിലായോ അവിടെ നിന്ന് താതുവിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം എന്താ പിന്നെ ഏത് വാക്കുകാലും പണ്ഡിതനാണെന്ന് കാണിക്കാൻ വേണ്ടി ഉടനെ താതു പറയുക ആൾക്കാരെയൊക്കെ വരട്ടുക എന്താ ഇതൊക്കെ മുറി വിദ്യാ ഈ ലോകം എന്ന് പറയുന്ന മുറി വിദ്വാൻമാരെ കൊണ്ടങ് നിറഞ്ഞുപോയി അതാണ് പ്രശ്നം നടത്താൻ പറ്റും ജീവൻ ജഗത്ത് എന്ന് പറഞ്ഞാൽ അതിന് പോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് സ്ഥിരമായിരിക്കാത്ത നിർവചനം ഉണ്ടാകുന്നത് എല്ലാ ശബ്ദങ്ങളും ഏത് ശബ്ദത്തിന് നമുക്ക് നിർവചനം ഉണ്ടാക്കാം അത് പ്രയാസമുള്ള കാര്യമില്ല ദൈവശബ്ദത്തിന് നമുക്ക് നിർവചനം ഉണ്ടാക്കാം പക്ഷെ അറിയേണ്ട കാര്യം ഒരു പ്രചാരത്തിൽ ഇരിക്കുന്ന അർത്ഥത്തിൽ അതിന് നിർവചനത്തിന്റെ ആവശ്യമുണ്ടോന്നുള്ളതാണ് മനസിലായോ പ്രചാരത്തിൽ എന്താണ് ഞാൻ പറഞ്ഞത് പ്രചാരത്തിൽ ഇരിക്കുന്ന എന്താ പറഞ്ഞത് അർത്ഥത്തിൽ അതിന്റെ നിർവചനത്തിന്റെ ആവശ്യം മനസിലായോ എന്റെ വിത്പത്തിന്ന് പറയും ഒരു ദൈവശബ്ദത്തിന് പ്രചാരത്തിയിരിക്കുന്ന നടത്തം എന്താണ് ദൈവം അതിന് വിത്പത്തിയുടെ ആവശ്യമില്ല മനസിലായോ വിട ആവശ്യം ഇല്ല വേണമെന്ന ഏതെങ്കിലും കിഴങ്ങന്മാരെ നിർബന്ധം പിടിക്കണെങ്കിൽ അവരിങ്ങോട്ട് വിളിച്ചോണ്ടു ഏ ഞാനിത്ര തറപ്പിച്ച് പറയുന്ന എന്താന്ന് അറിയാമോ ഇത് കുറച്ചു കൂടം കുറച്ചു കാലം കൊണ്ട് ഇതിനെ കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും ആരും കാണാം ജവരി പറഞ്ഞ ലോകത്തുകളൊന്നും കറങ്ങും മനസ്സിലായോ അപ്പൊ ഞാനീ കിഴങ്ങന്മാരായെന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും മനസ്സി ഓർമ്മയിരിക്കും ചില സമയം ചോദിക്കുന്നുണ്ട് ദൈവദശ അറിയാൻ വേണ്ടി ഫസ്റ്റ് ചോദിക്കുന്നത് ദൈവം അത് നാട്ടിലെ നമ്മുടെ ഒന്ന് വരുന്ന നമ്മൾക്ക് ഒരു പാഠ്യമുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി അവർക്ക് കേൾക്കുമ്പോൾ തന്നെ പേടിച്ചു പറഞ്ഞിട്ടില്ല അത് മലയാളത്തിന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് റൂട്ടിന്റെ ആവശ്യമില്ല അതൊക്കെ വേറെ അത് വേറെ ശബ്ദം ദിവ്യഭവം ദിവ്യം അത് ദിവ ധാതുവിൽ നിന്ന് വരുന്നതാണ് ദിവസ സ്വർഗം അവിടെയുള്ളവനാണെന്ത് ദിവ്യൻ വെച്ച അത് പൂജനീയാണ് പൂജിക്കേണ്ടവൻ എന്നൊക്കെ ഉള്ളിടത്ത് അതിനൊക്കെ റൂട്ടുള്ള ശബ്ദങ്ങളാണ് ഈ പ്രശ്നം വരുന്നത് ഇവിടെയാണ് എന്ന് പറയുന്നിടത്ത് റൂട്ടിന്റെ ആവശ്യമില്ല മനസിലായ പ്രത്യേകിച്ചും മലയാളത്തിപയോഗിക്കും റൂട്ടിനെ കുറിച്ച് എന്തു ദൈവം എന്ന് വെച്ചാൽ ഈശ്വരൻ ഭഗവാൻ പടച്ചവൻ എന്ന് പറഞ്ഞാലും മതി കർത്താവെന്ന് പറഞ്ഞാലും മതി എല്ലാം അതിനൊക്കെ എന്താ റൂട്ട് അള്ളാഹു എന്ന് പറഞ്ഞാലും മതി അല്ലാള്ളാ അമ്മ സംസ്കൃതം അതൊക്കെ ഒരുപാടുണ്ട് ഏക മുഴുവൻ സംസ്കാര മതങ്ങളുണ്ട് എത്രയോ വധങ്ങളുണ്ട് ഇപ്പൊ എന്താ ഉദ്ദേശം ഒത്തിരി പേര് വിളിച്ചിരിക്കുന്നു എന്താ കാര്യം